അദ്ദേഹം പറഞ്ഞു മുമ്പ് അവന്റെ സഹോദരന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെ ഇപ്പോൾ അവനെ വിശ്വസിക്കണമോ സംരക്ഷകനായി അള്ളാഹു സുബാനഹുവ ചായ ആണ് ഏറ്റവും ഉത്തമൻ അവൻ കരുണാനിധികളിൽ ഏറ്റവും കരുണാനിധിയുമാകുന്നു